പ്രയോഗ അസത്യപ്രഭേദി മഞ്ചാഹ ക്രോശന്തി ഇത്യാദിവ ഔപചാരികയുക്തം പശ്യാമ ശരീരം ആത്മാവല്ല എന്ന് പറഞ്ഞു അഹം എന്നുള്ള ഈ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ആത്മാവിനെ അറിയുന്നത് എൻ്റെ ആശ്രയമാണ് അഹമെൻ്റെ ആശ്രയമാണെന്ന് ആത്മാവാണ് നമ്മ കൃഷോഹം എന്ന് പറയുന്നു ഞാൻ മെലിഞ്ഞിരിക്കുന്നു ആത്മാവ് മെലിയുന്നു ഇപ്പൊ കൃഷോഹം അപ്പൊ അഹം എന്ന് പറയുന്ന എന്തിനെ ശരീരമാണ് മെലിയുന്നത് അഹം എന്ന് പറയുന്നത് ശരീരമായാൽ മാത്രമേ നമുക്ക് കൃഷോഹം എന്ന് പറയാൻ പറ്റൂ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റും മനസ്സിലാവും ഇവിടെ ഈ അന്ത്യാസത്തെ എതിർക്കുന്ന ഈ അധ്യാസത്തെ എതിർക്കുന്ന ആള് പറയുന്നതും അധ്യാസത്തെ എതിർക്കുന്നു എന്നുള്ള ഒരു കാര്യം ചോദിച്ചാൽ ബാക്കി പറയുന്നതെല്ലാം അദ്വൈതിക്ക് സമ്മതമായ കാര്യം തന്നെ കാരണം അധ്യാസത്തെ എതിർക്കുന്ന ആളും പറയുന്ന എന്താണ് ശരീരത്തിൽ നിന്നും വേറിട്ടാണ് ആത്മാവ് ഇത് സിദ്ധാന്തം അപ്പോ ഇവിടെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ പൂർവപക്ഷിയെ കൊണ്ട് സിദ്ധാന്തം പറയുക എന്നാൽ അതിലവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും കൂടെ കൂടുതലായിട്ട് പറയുക അതീ ചർച്ചകളുടെ ഒരു രീതിയാണ് നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മളെ എതിർക്കുന്ന ആളെ കൊണ്ട് പറയുക പിന്നെ നമുക്ക് സ്വീകാര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളോട് ആയാണ് പറയും അതിനെ അവസാനം നിഷേധിക്കുക ആ രീതിയാണ് കൂടി ഭൂർവക്ഷം പറയുന്നത് എന്താണ് ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവ് എന്തുകൊണ്ട് ശരീരം ആത്മാവല്ല അത് പറയാൻ വേണ്ടി പറയുകയാണ് കൃഷോഹം ഞാൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അഹം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരമാണ് അന്തോഹം അന്ധം എന്ന് പറയുന്ന എന്താണ് അന്ധനായിരിക്കുന്നത് ഇന്ദ്രിയം അന്തോഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയമാണ് എന്നാണ് അങ്ങനെ പറയാൻ പറ്റുമല്ല അങ്ങനെയൊക്കെ പ്രയോഗം ഉണ്ടെങ്കിലും ശരിക്കും അവിടെ അഹോ എന്ന് പറയുന്നത് ശരീരത്തിനൊന്നും ഭിന്നമായ ആത്മാവിനെ ശ്രയിക്കുന്ന ഒന്നാണ് അതുപോലെ അന്തോഹം എന്ന് പറയുന്നിടത്തും അഹം ഞാൻ എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയത്തിൽ നിന്നും വേറിട്ട ഒരു ഒന്നുണ്ട് അതിനെ ആശ്രയിച്ചാണ് അഹം ഇരിക്കുന്നത് അതായത് ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറെ ഒരാത്മാവുണ്ട് എന്ന് സമർത്ഥിക്കുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് എന്താണ് നമുക്കൊരു അഹം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട് ഞാൻ എന്നുള്ള ഒരു അനുഭവം ഞാൻ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവം ഈ ജഡമായ ശരീരത്തിൽ വരാൻ വഴി അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന അനുഭവം ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഏതോ ഒന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശരീരത്തെ ആശ്രയിച്ചിട്ട് അല്ല ശരീരത്തിൽ നിന്ന് വേറിട്ട് ആശ്രയിച്ചിരിക്കുന്നു അതാണ് അമ്മ പറയുന്ന നമ്മുടെ ഈ അനുഭവം ജ്ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന എന്തോ അതിൻ്റെ ആശ്രയം അല്ലെങ്കിൽ അത് വിഷയമാക്കുന്നൊക്കെ പറയും അതാണ് ആത്മാ അങ്ങനെ ഒന്നുണ്ടെന്നാണ് എന്നാ ഭൗതികവാദി എന്താ പറയുന്നത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കും കാരണം ഇന്നലെ ഇന്നത്തെ പിള്ളേർക്ക് പഠിപ്പ് കൂടുതലാണ് നമ്മളെ കാണും ഭൗതികവാദി എന്താണ് പറയുന്നത് ഈ ജ്ഞാനെന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടാകുന്ന നമ്മൾ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നു തിന് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഭൗതികവാദിയും നിരീശ്വരവാദിയും ഒക്കെ പറയാം യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിരീശ്വരവാദി എന്നർത്ഥം യുക്തിവാദി ഇവിടെ അദ്വൈത യുക്തിവാദിയാണ് യുക്തിവാദി എന്ന് വെച്ചാൽ അങ്ങനെ യുക്തിവാദം ആർക്കും ചെയ്യും അദ്വീതി യുക്തിവാദമാണ് ഉപയോഗിക്കുന്നത് അദ്വീതി എന്താ പറയുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ട് എന്തോ ഒന്നുണ്ട് അതിനെയാണ് അഹം വെളിപ്പെടുത്തുന്നത് അതാണ് യുക്തി ഇന്ദ്രീയുടെ യുക്തി പക്ഷേ കൃഷോഹം എന്നാണ് പറഞ്ഞ മെലിഞ്ഞിരിക്കുന്നത് അപ്പൊ മെലിഞ്ഞിരിക്കുന്നത് എന്താത്മാവാണ് ശരീരമാണ് പിന്നെ അന്തോഹം കാഴ്ചയില്ല കാഴ്ച കാഴ്ചയില്ലാത്ത കണ്ണിനാണ് അവിടെയൊക്കെ അഹം എന്ന് പറയുന്ന ഇന്ദ്രിയത്തെയും ഇന്ദ്രിയത്തെയും ശരീരത്തെയാണല്ലോ പറയുന്നത് എന്ന് പറയാം ഈശ്വർവാകന്മാരും പറയും ഈശ്വരവാദികളൊക്കെ പറയും ഈശ്വരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അംഗീകരിക്കുന്നവർ എന്ന ഈശ്വരവാറിയാണ് ആത്മാവിനെ അംഗീകരിച്ച് ഈശ്വരനെ അംഗീകരിച്ചു ആത്മാവിനെ നിക്ഷേപിച്ച ഈശ്വരനെ നിക്ഷേപിച്ചു അതിന് സമാനം പറയണം കൃശോഹം മന്ദോഹം ഇത്യാദയശ പ്രയോഗ അസത്യപ്യഭേദ കഥഞ്ചിത് മഞ്ചാഹക്രോശന്തി ഇയാദിവ ഔപചാരിക യുക്തം ഉത്പശ്യാ പറയുന്നത് ഞാൻ മെലിഞ്ഞവനാണ് കാഴ്ചയില്ലാത്തവനാണെന്നെല്ലാം പറയുന്നുണ്ട് അവിടെ ഞാൻ എന്ന് പറയുന്നത് ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും ഒക്കെ ചേർത്ത് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് നമ്മളങ്ങനെ അറിഞ്ഞിട്ടല്ലേ പറയുന്നു ഞാനാണ് ശരീരത്തിൽ ഇതൊരു ഗോണപ്രയോഗം അത്വീതി എന്ന് പറയുന്ന യുക്തിയാണ് അത് വിധി പറയുന്ന നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള പറയും ഗുരുതാണെന്ന് പറയുന്നത് മഞ്ചാഹ ക്രോശന് രണ്ടു തരത്തിൽ മനസ്സിലാക്കാം ഒന്ന് പഴയകാലത്ത് പാട്ടിൽ വിള കാട്ടും ഒന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാവൽ മാടങ്ങളുണ്ടാക്കും രാത്രി ഈ കാവൽ മാടങ്ങളുടെ മുകളിൽ ആൾക്കാർ കയറി പോയിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ട് കേട്ടിട്ടുണ്ടാക്കും എന്താ പണ്ട് മൂകാംബിയിൽ രാത്രി അവിടുത്തെ നിശബ്ദത നിഞ്ഞിന് പോയി പോയി എന്നുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കേൾക്ക ഞാൻ ഉത്തരകാശം ഫസ്റ്റ് ഇപ്പോഴൊന്നും ഉണ്ടായി ടൗണായി തപ്പോവൻ കുട്ടിയുടെ നേരെ എതിരെയുള്ള മലയിൽ അന്നവിടെ ആ ഒരേ ഒരു വീടെ ആ വീട്ടിൽ അവരെന്തോ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കാവൽ മാണമാണ് രാത്രി ഒരാൾ ഇങ്ങനെ കേൾക്കാം ഹോയ് ഹോയി അവരുടെ ഭാഷ ഈ അതിനെ മഞ്ചലം എന്ന് പറയും മഞ്ചം ഈ മഞ്ചത്തിന്റെ പുറത്തു കയറിയിരുന്ന കൊണ്ടെന്ത് പറയും അവർ ഹോയി ഹോയി എന്ന് വിളിക്കുമ്പോൾ മൃഗങ്ങൾ പേടിച്ചു പോകുന്നതാണ് അല്ലാതെ വിഷയം ഇവിടെ ഈ മഞ്ചത്തിന്റെ പുറത്ത് കയറിയിരുന്ന വിളി ചുറ്റുപാടുള്ളവർക്ക് അത് സ്ഥിരപരിചയപ്പെട്ടവർ കാര്യം കേൾക്കുന്നതാണ് അപ്പോൾ ഓരോ രാത്രി ഇങ്ങനെ ഹോയി ഹോയിന്ന് വിളിക്കുന്നേക്കുമ്പോഴത്തേക്കും ആൾക്കാർ പരസ്പരം വരും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളോട് ഗ്രാഥാശക്തി അവർ പറയുന്നു മഞ്ചാഹക്രോസന്ധി മഞ്ചം വിളിക്കുന്ന മഞ്ചം എന്ന് പറയുന്ന കാവൽമാണത്തിനെ പറയുന്ന അത് വിളിക്കും മഞ്ചാഹക്രോസന്ധി എന്ന് പറയുന്നത് മഞ്ചഞ്ചടമാണ് ക്രോസന്ധി എന്ന് വെച്ചാൽ വിളിക്കുന്ന ഒന്നാണ് അതിൻ്റെ അടുത്തൊന്നാണ് മഞ്ചസ്ത പുരുഷാഹക്രോസന്ധി മഞ്ചസ്ത പുരുഷാഹക്രോസന്ധി അതിൻ്റെ അർത്ഥം പക്ഷെ പറയുന്നത് അങ്ങനെയല്ല മഞ്ചാഹക്രസ മഞ്ചം വിളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മഞ്ചത്തിലിരിക്കുന്ന മനുഷ്യർ വിളിക്കുന്നു എന്നാണ് അപ്പം നമ്മുടെ പ്രയോഗം അനുസരിച്ചെത്താണ് മഞ്ചാഹ പ്രസിന്ധി മഞ്ചം വിളിക്കുന്നു മഞ്ചഞ്ചടമാണ് അത് വിളിക്കില്ല അതിന് മഞ്ചം പ്രസിദ്ധി പ്രസിന്ധി എന്ന് പറഞ്ഞാണ് മഞ്ചത്തിലിരിക്കുന്ന പുരുഷന്മാർ വിളിക്കുന്നു എന്നാണ് ഗൂണപ്രയോഗം അതുപോലെ അഹം സ്ഥൂല കൃഷ എന്നൊക്കെ പറഞ്ഞാൽ ഗോണം പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അഹം ഈ അഹംബോധം സ്ഥൂലം എന്നല്ല എൻ്റെ അർത്ഥം ദൈവം ഈ അഹംബോധം പ്രാധാന്യത്തിലിരിക്കുന്ന ഈ ശരീരം സ്ഥൂലമാണ് കൃഷമാണ് അഹംബോധം പ്രാഥാത്മ്യത്തിലിരിക്കുന്ന ഇന്ദ്രിയം അന്തമാണ് ഇങ്ങനെയൊക്കെ അഹംബോധം അല്ല അല്ലെങ്കിൽ അഹംബോധത്തിൻ്റെ ആശ്രയമല്ല പക്ഷേ അഹം പോകെ എവിടെ വന്നു അഭ്യാസം കൊണ്ട് ശരീരത്തിൽ അപ്പോ അവിടെ അഹം എന്ന് പറയുന്നത് മഞ്ചഹ എന്ന് പറഞ്ഞ പോലെയാണ് മഞ്ചഹ എന്ന് പറഞ്ഞാൽ മഞ്ചത്തിലിരിക്കുന്ന മനുഷ്യൻ എന്ന് പോലെ നമ്മൾ ഭാഷയിനുസാർ പ്രയോഗിക്കുന്നതാണ് അഹം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശരീരത്തിൽ താഥാമ്യപ്പെട്ട അഹം അപ്പൊ ആ അങ്ങനെയുള്ള ശരീരം അഹം എന്ന് വെച്ചാൽ ശരീരം വന്നിരിക്കണം എന്തുകൊണ്ട് അഹം ശരീരത്തോട് താതമ്യപ്പെട്ടിരിക്കുകയാണ് അഹം സ്ഥൂലാന്ത ശരീര സ്ഥൂലാന്തര അത് അഹം സ്ഥൂലാനന്ദര് പറഞ്ഞാൽ അതൊരു ഗോണ പ്രയോഗം അതിനെയാണ് ഗോണമെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലും അങ്ങനെ പ്രയോഗിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഭാഷ ഉപയോഗവും പലപ്പോഴും കൃത്യമായും ഭർത്താവും ക്രിയൊന്നും നോക്കിയല്ല പ്രയോഗിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് ൂണ പ്രയോഗാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ശരീരം ആത്മാവെന്ന് പറയാൻ പറ്റില്ല പറയുന്നതിന് വേറെ കാരണം കൊണ്ടുണ്ടാവും അപ്പോ അഹംസുറ എന്ന് പറഞ്ഞാൽ ശരിയാണ് അഹം കൊണ്ടെന്തിനെ എഴുതണം അഹം ശബ്ദം കൊണ്ടെന്തിനെ എഴുതണം ശരീരത്തെ എടുക്കണം ശരീര സ്ത്രോതമെന്നാണ് അഹമിന് ശരീരം എന്ന അർത്ഥമില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞു പക്ഷേ അഹം ആത്മാവിൽ പ്രയോഗിക്കുമ്പോൾ അത് മുഖ്യാർത്ഥവും ശരീരത്തിൽ പ്രയോഗിക്കുമ്പോൾ അതെന്താവും ഗുണാർത്ഥം എന്ന് വെച്ചാൽ അപ്രധാനം മുഖ്യമല്ല അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് അഹം എന്ന് പറഞ്ഞുകൊണ്ട് അക സ്ഥൂലെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അഹം ശരീരമാകത്തില്ല പക്ഷേ ഗുണമായി പ്രയോഗിക്കുന്നത് പഴയകാലത്ത് രാജാക്കുമാരൊക്കെ പല്ലക്ക് പോകുമ്പോൾ ചോന്നുകൊണ്ട് ആൾക്കാർ ആൾക്കാർ ഹോയ് ഹോയ് എന്ന് വിളിച്ചോളൂ അപ്പൊ ദൂരഹിക്കുന്ന ആൾക്കാർ പറയും എന്താണ് പല്ലക്കിന്റെ വിളി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ പല്ല കാണാൻ വിളിക്കുന്നു പല്ലക്കിന്റെ വിളി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ പല്ല കാണാൻ വിളിക്കുന്നു പല്ലക്ക് ചുവക്കുന്നവൻ വിളിക്കുകയാണ് അതുപോലെ അവിടെ പല്ലക്കിന് പല്ലക്ക് ചുവക്കുന്നവനെന്നാണ് അതുപോലെ ഇവിടെ അഹം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരം പക്ഷേ അഹത്തിന്റെ ശരിയായ അർത്ഥം അതിൻ്റെ ആശ്രയമായിരിക്കുന്ന ആത്മാര ഉപയോഗിച്ചിട്ടാണ് പഴയകാലത്ത് എന്ത് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മാവെന്ന് പറയുന്നത് എന്തെങ്കിലും ശരീരം നിശ്ചാതത്തില്ല എന്നൊക്കെ പറയുന്നത് പഴയകാലം പറഞ്ഞു ഇത്തരം യുക്തികളിലൂടെയാണ് അപ്പോൾ യുക്തിവാദി യുക്തി വിചാരം ചെയ്യുന്നവരാണ് അദ്വൈതി അത് നാസിയന്മാരെ വ്യക്തിവാദി എന്ന് പറയുന്നത് അവരുടെ പുത്തകരു അദ്വൈതോട് യുക്തിവാദിയാണ് അതുകൊണ്ട് അദ്വൈതി എപ്പോൾ യുക്തിപരമായി ചിന്തിക്കും അദ്വൈതി മാത്രമല്ല അദ്വൈതികളുമൊക്കെ ഇത് തന്നെ പറയും ദ്വൈതികളുമൊക്കെ യുക്തിവാദികളാണ് യുക്തിപരമായി ചിന്തിച്ചിട്ട് ശരീരത്തിൽ വേറെ ആഗ്രഹമാണോ എന്ന് പറയുന്നു ാണ് പറയുന്നത് എന്തായാലും കുശോഹം അന്തോഹം ഇത്യാദി വെച്ച പ്രയോഗ പ്രയോഗം എന്ന് വെച്ചാൽ ശബ്ദപ്രയോഗം ഋശോഹം അന്തോഹം എന്നൊക്കെ പറയുന്ന ഈ ശബ്ദപ്രയോഗം അസത്യപ്യഭേദ ഇവിടെ അഭേദ അസത്യ അഭേദമില്ലെങ്കിൽ അഭേദമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അഹവും ശരീരവുമായിട്ട് അഭേദമില്ലെങ്കിൽ അഹം ശരീരം അല്ലെങ്കിൽ എന്താണ് അഹം ശരീരവും ഒന്നാണ് ഏതും ഇല്ലെങ്കിലും എന്ന് പറയുന്നതാണ് രണ്ടും ഒന്നല്ലെങ്കിലും കഥഞ്ചി ഗുരുതരത്തിൽ ഗുരുതരം എന്ന് വെച്ചാൽ അവിടെ എന്താണ് ദ്രോണമായിട്ട് മഞ്ചാഹ പ്രസന്ധി ഇത്യാദികൾ മഞ്ചാഹ പ്രസന്ധി എന്ന് പറയുന്ന പോലെ ഔപചാരിക ദ്രോണമായി ഗൂണമായ ഔപചാരിക പ്രയോഗ പൂർവത്തിനോട് അന്വേഷിക്കണം ഔപചാരിക പ്രയോഗ ഔപചാരികം എന്ന് വെച്ചാൽ ഗൂണ യുക്തം ഉത്പശ്യാമ യുക്തം എന്ന് യുക്തി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ അത് യുക്തി ഉപയോഗിച്ച് ഉത്പശ്യാമ വ്യക്തമായി കാണിച്ച് കാണിക്കും ആര് ഞാൻ ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കുക എന്താണ് ഗൗണമെന്നുള്ളത് എന്ന് പറയുന്നത് പരമ്പരാ സംബന്ധം കൊണ്ടുവരുന്ന അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിന് ശരിക്കും അത് ആത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ ആ അഹത്തിന് ശരീരമായിട്ടും ബന്ധമുണ്ട് കാരണം ഈ ശരീരത്തിന് അഹംബോധം വന്നു കഴിഞ്ഞു അപ്പൊ ആത്മാവുമായിട്ട് ശരീരത്തിന് താതാമ്യം വന്നു താതാമ്യം വന്നിട്ട് ശരീരത്തിലേക്ക് വന്നാണ് പരമ്പരാ സംബന്ധം അങ്ങനെ പരമ്പരാ സംബന്ധത്തിലൂടെ ശരീരവുമായിട്ട് അഹംത്തിന് ബന്ധം വന്നുകൊണ്ടാണ് അതിനെ നോക്കുക സ്മാത് ഇദങ്കാരാസ്പദേഭ്യോ ദേഹേന്ദ്രിയ മനോഹൃ വിഷയേഭ്യോ അഹം അനുഭവഗമ്യ ആത്മാ സംശയാഭാവ അതിജ്ഞാസിതി സിദ്ധാണ് പ്രപക്ഷം ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കേണ്ട ഇല്ല എന്തുകൊണ്ട് ഈ ശരീരേന്ദ്രിയാദികളിൽ നിന്നെല്ലാം വളരെ വേറിട്ട് വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതെന്ന് വ്യക്തമായും ശരീരങ്ങളിൽ നിന്നെല്ലാം വേറെയാണ് ഇത് പൂർവക്ഷിയുടെ അഭിപ്രായം തന്നെ സിദ്ധാന്തിയുടെ അഭിപ്രായം തന്നെ ആത്മാവിനെ അംഗീകരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ശരീര ഇന്ദ്രിയ മനസ്സുകളിൽ നിന്നെല്ലാം വേറിട്ടൊന്നും ഒന്നാണ് ആത്മാവ് അങ്ങനെ സ്മ അതുകൊണ്ട് ഇതങ്കാരാസ്പദോ ഇതങ്കാരം ഇതെന്നുള്ള അനുഭവം ഇതെന്നുള്ള അനുഭവം ഇതങ്കാരം ആസ്പദം അതിനാശ്രയമായിരിക്കുന്ന ഇത് എന്നുള്ള അനുഭവത്തിന് ആശ്രയമായിരിക്കുന്ന എന്തൊക്കെയാണ് ദേഹം ഇന്ദ്രിയ മനസ്സ് ബുദ്ധി വിഷയം ഇത്രയും ഈ ശരീരത്തെ എനിക്കിത് എന്നറിയാം ഇന്ത്യയൊക്കെ പറയാം ഇത് മനസ്സിനെ കുറിച്ച് പറയാം ഇതെന്റെ മനസ്സ് ബുദ്ധിയെക്കുറിച്ച് പറയാം ഇതെന്റെ ബുദ്ധി ഇത് വിഷയങ്ങളെ കുറിച്ച് പറയാം ഇതെല്ലാം വിഷയങ്ങളാണ് ഇപ്പൊ ആത്മാവഴികെ ഉള്ള സർവതം ഇതങ്കാരാസ്പദമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊന്നും അനുഭവത്തിന് വിഷയമാണ് അപ്പൊ അങ്ങനെ ഇതാണ് അദ്വൈതീയുടെ അടുത്ത ഇവിടെ രണ്ട് പദാർത്ഥങ്ങളാവുന്നു ഒന്ന് അഹം എന്നറിയുന്നു മറ്റൊന്ന് ഇതം എന്നറിയുന്നു അപ്പൊ ഇതം എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ആത്മാവഴിക സർവത്തിനെയും ഇത് എന്നറിയും ഇതം തന്നെ മലയാളത്തിനെയും ആത്മാവഴിക എല്ലാത്തിനെയും ഇതെന്നറിയണം ആത്മാവിനെ അഹം അപ്പൊ അഹം എന്നറിയുന്ന അഹത്തിനെ എപ്പോഴെങ്കിലും ഇതെന്നറിയാൻ പറ്റും എങ്ങനെ പറ്റൂ എന്നൊക്കെ ഇനി പറയും തൽക്കാലം പറ്റില്ല ആത്മാവിനെങ്ങനെ അറിയാൻ പറ്റൂ അഹ് അപ്പൊ നമുക്കിവിടെ രണ്ട് അതാണ് അന്ന് ഉദ്ദേശിച്ച പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം അറിയേണ്ടിയിരുന്ന ഒരു അബന്ധ ും വരും എന്ന് പറയുന്ന ഈ കാര്യം തന്നെയാണ് അതിന് വിപരീതമായി ഇതം വരുന്നു അപ്പൊ അഹമിനെ വിപരീതമാണ് ഇതം അതേ കാര്യത്തിന് നമ്മുടെ ചർച്ച അഹം എന്ന് നമ്മൾ എന്തിനാണോ അറിയുന്നത് അതിനെ ഇത് എന്ന് അറിയാൻ പറ്റില്ല ഇതെന്നറിയാൻ പറ്റാത്ത ഒന്നേ ഒന്നും ഉള്ളൂ അതിനകം എന്നറിയുന്നു അപ്പൊ അഹം എന്നറിയുന്നുണ്ടോ അതാണ് ആത്മാവ് അതിനാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നുള്ള സാറിന് പറയും സബ്ജക്റ്റീവായിട്ട് താനായിട്ടറിയും മറ്റ് മറ്റെല്ലാം താണോ ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസാണ് ഇതായിട്ടെല്ലാത്തിനെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വിഷയങ്ങളായിട്ടറിയും ഇതാണ് പഴയ കാലത്തെയുള്ള ആത്മവാദികളുടെ എല്ലാം യുക്തി ഇതാണ് ഇങ്ങനെയുള്ള രണ്ടു പിന്നെയാണ് ആത്മ അനാത്മവിവേകം എന്നൊക്കെ അതുകൊണ്ടാണ് ആൾക്കാർ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുന്നത് അഹം അഹം അഹം ഇങ്ങനെ ധ്യാനിച്ച അവിടെ ചെല്ലും പുറകിലും ആത്മാ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാനൊന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു ഞാൻ എന്താണ് ആത്മ ഇരിക്കുന്ന എന്നൊക്കെ പറയുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗുരുവൻ പറയുന്നു കസ്മാ അതുകൊണ്ട് ഇതങ്കാരാസ്പദോ ഇദങ്കാരത്തിന് ഇതമെന്നുള്ള അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ദേഹ ഇന്ദ്രിയ മനസ് ബുദ്ധി വിഷയം ഇത്രയും കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുകൊണ്ടാണ് ഇതിനെല്ലാത്തിനെയും എടുത്തത് നേരത്തെ ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ദ്രിയത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിനെ കുറിച്ച് പറഞ്ഞു ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വിഷയങ്ങളൊക്കെ എന്നെല്ലാം വ്യാപർത്താ ഭിന്നമായ വ്യാപർത്താ ഭിന്നമായ മലയാളത്തിൽ പ്രയോഗിക്കുന്നതാണ് വ്യാവർത്തിക്കപ്പെട്ട സ്ഫുടതര അഹം അനുഭവഗമ്യ സ്ഫുടതരമായ വ്യക്തമായ എന്ത് അഹമനുഭവം എന്താണ് വ്യക്തത എന്ന് പറയുന്നത് അത് ഇതല്ല എന്ന് വ്യക്തമാണ് അഹമനുഭവം എന്ന് പറയുന്ന ഇത് അല്ല അതാണ് അതിന്റെ വ്യക്തം വ്യക്തമായ അഹമനുഭവ ഗമ്യ അഹമെന്നുള്ള അനുഭവത്തിലൂടെ ഗമ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു അഹമാനുഭവം വളരെ വ്യക്തമാണ് ആ അഹം അനുഭവത്തിലൂടെ ഗമ്യമായ അറിയപ്പെടുന്നു എന്നാണെന്ത് സംശയാഭാവ എന്നീ ഇതിനെക്കുറിച്ചവർക്ക് എന്താ സംശയം ആത്മാവിനെ കുറിച്ച് സംശയമുണ്ട് പിന്നെ രണ്ട് ഒന്ന് ഒന്ന് ഇത് ഇതെല്ലാം ആത്മാവായി അപ്പൊ സംശയിക്കേണ്ട കാര്യമേ ഇല്ല സംശയിക്കുന്നു ആത്മാ സംശയ ഭാവ സംശയമില്ല എല്ലാവർക്കും അറിയാം ആത്മ എല്ലാവരും എല്ലാവരും അഹം എന്നിങ്ങനെ ആത്മാവിനെ അറിയുന്നുണ്ട് അതുകൊണ്ട് അതിജ്ഞാസ്യ അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചറിയാൻ ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് പോകേണ്ട എന്നാണ് പൂർവോക്ഷി പറയും മനസ്സിലായോ അഥാതോ ബ്രഹ്മജിജ്ഞാസ തുടങ്ങേണ്ട കാര്യം ഇല്ല എല്ലാവരും ആത്മ പിന്നെ ഇവിടെ എന്താ സിദ്ധാന്തി എന്താ ചെയ്തത് സ്വന്തം സിദ്ധാന്തം തന്നെ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് അവതരിപ്പിച്ചിട്ട് പിന്നെ ഇനി തന്റെ സിദ്ധാന്തത്തിലേക്ക് പോകുമ്പം എന്താണോ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ അറിയേണ്ടതാണെന്ന് പറയും കുറേപക്ഷെ പറഞ്ഞ് ഇത്രയും അറിഞ്ഞാൽ മതി ഇനിയൊന്നും അറിയേണ്ട കാര്യം ഇല്ല ഇതാണ് ഇത് സിദ്ധം അപ്രയോജനത്വാച്ച മാത്രമല്ല ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ആത്മാവിനെ അറിഞ്ഞുകൊണ്ടാർക്കും ഒരു പ്രയോജനമുണ്ട് എന്തുകൊണ്ട് തഥായി സംസാര നിവൃത്തി അപവർഗിക പ്രയോജനം വിവക്ഷിതം അദ്വൈത പറയുന്ന പ്രയോജനം വിവക്ഷിതം പറയാൻ ആഗ്രഹിക്കപ്പെട്ടതായ പ്രയോജനം അദ്വൈ പറയുന്ന എന്താണ് ഈ ആത്മാവിനെ അറിഞ്ഞ പ്രയോജനം പറയുന്നത് സംസാര നിവൃത്തി സംസാരം ഇല്ലാതാകും സംസാരം എന്ന് പറഞ്ഞാൽ ജനനം മരണം അതിനനുഭവിക്കുന്ന കർത്തൃത്വം ഭോക്തൃത്വം സൌതൃത്വം എല്ലാം ചേരും ഇതിൻ്റെ അതാണ് അപവർത്തനം അപൂർവം എന്ന് വെച്ചാൽ മോക്ഷം ഇഹപ്രയോജനം ഇഹ എന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിൽ ബ്രഹ്മസൂത്രത്തിൽ പ്രയോജനമായി പറയുന്ന എന്താണോ സംസാര നിവൃത്തിയാണോ അപവർഗമാണോ മോക്ഷമാണോ നിന്റെ പ്രയോജനം പറയുന്നു ഇനി അങ്ങനെ ഒരു പ്രയോജനം ഇല്ലെന്നാണ് അടുത്ത് പറയുന്നത് എന്തുകൊണ്ട് പുറോക്ഷി പറയണം സംസാര ആത്മ യാഥാത്മ്യ അനുഭവ ഇനി പൊറോക്ഷി തന്നെ പറയണു ഈ പറയുന്നൊക്കെ സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യം തന്നെയാണ് കുറേയൊക്കെ എല്ലാം ഈ സംസാരം എന്ന് പറയുന്നത് എന്താണ് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഞാനും ഇല്ലാത്തതുകൊണ്ടാണ് സംസാരം ആത്മാവിനെ കുറിച്ച് യഥാർത്ഥ ഞാനുണ്ടായാലോ സംസാരം നിവർത്തി ആര് പറയുന്നു പൂർവക്ഷണം പറയാണ് സിദ്ധാന്തി പറയുന്ന കാര്യം പൂർവക്ഷി പറയാണ് എന്തിനു വേണ്ടി സിദ്ധാന്തിയെ കുരുക്കാൻ വേണ്ടിയിട്ട് ഗുണത്തിനാണ് പറയുന്നതെന്ന് വിചാരിക്കും ഗുണത്തിനല്ലോ ദോഷത്തിനാണ് കണ്ടിട്ട് അങ്ങനെയാണ് നമ്മളെ അടുത്ത് വന്നിട്ട് ക്ഷീണിച്ചു പോയല്ലോ കണ്ടപ്പോ കൊണ്ടു കണ്ടപ്പോ എന്ത് ചെറുപ്പം എന്ത് പൈസ എന്നറയുമ്പോഴ ഗുണത്തിനല്ല പറയുന്നു പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമുക്ക് പറയുന്നത് ഗുണത്തിനല്ല ഇതാണ് സംസാര സംസാരം എന്ന് പറയുന്നത് ആത്മയാഥാത്മ്യ അനനുഭവ നിമിത്തം ആത്മാവിന്റെ യാഥാത്മ്യ യാഥാത്മ്യം എന്ന് വെച്ചാൽ യഥാർത്ഥം യാഥാ യാഥാത്മ്യ അനുഭവം എന്ന് വെച്ചാൽ യഥാർത്ഥ അനുഭവം യാഥാത്മ്യ അനനുഭവം എന്ന് വെച്ചാൽ യഥാർത്ഥ അനുഭവം ഈ സംസാരം അതാണ് യാഥാത്മ്യ അനനുഭവ നിമിത്തം എന്ത് സംസാരത്തോട് അനുഭവിക്കുന്നു ആത്മയാഥാത്മ്യാനേനെ നിവർത്തനീയ അതുകൊണ്ട് എന്ത് വേണം ആത്മയാഥാത്മ്യജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് നിവർത്തനീയം എന്ന് പറഞ്ഞാൽ ഇല്ലാതാകണം എന്തിന് സംസാരത്തെ കുറവ് പറയണം ഉപദേശിക്കേണ്ട സിദ്ധാന്തി എന്നാണ് സചയിതം അയം സചേത് അയം അനാദിരു അനാദിന ആത്മയാഥാത്മ്യജ്ഞാനേന സഹ അനുവർത്തേ കുത്തോസ് എന്ന് കൊടുത്ത ഒരു അവരോധ ഇതാണ് വാസ്തവമെങ്കിൽ സചേത് അയം അനാദിഹി ഈ സംസാരം ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം ആത്മാവെന്താണ് ആത്മാവെന്ന് പറയുന്ന സാധനം എന്താണ് ആത്മാവെന്ന് പറയുന്ന എന്ത് സാധനമാണ് അറിവ് ആത്മാവെന്ന് പറയുന്ന അറിവാണ് ജ്ഞാനമാണ് അത് യഥാർത്ഥമാണോ അല്ലയോ യഥാർത്ഥമാണ് അപ്പൊ ഇത് അനാദിയായിട്ട് സംസാരം എന്തുണ്ട് അനാഥിയായിട്ടുണ്ട് ആത്മാവെന്ന് പറയുന്ന അറിവാണ് അത് അനാദിയായിട്ടുണ്ട് ഇപ്പൊ സംസാരം നിവർത്തിച്ച പിന്നെ ഇനി ഇത് വന്നിട്ടുണ്ട് എന്താ പറയുക എല്ലാ കാലത്തും ഉണ്ടായിരുന്നു സംസാരം എല്ലാ കാലത്തും എന്തുണ്ടായിരുന്നു അറിവുമുണ്ടായിരുന്നു ഈ അറിവുണ്ട് സംസാരം പോയാ പിന്നെ എന്തിനു പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ ഈ അറിവുകൾ എന്താ പറയുക ലോകം എന്താണ് പൂർവക്ഷി പറയുന്നത് സിദ്ധാന്തിയോട് പറയുന്നത് മനസ്സിലായോ നിനക്ക് ഇനി സമാനം പറയും സിദ്ധാന്തി അനാദിയായിട്ട് സംസാരമുണ്ട് ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ് അതും ആത്മാവ് തന്നെ ആത്മാവിൽ നിന്നും വേറൊരു അറിവുണ്ട് വേണമെങ്കിൽ ആത്മാവിന്റെ അറിവ് വേറെ അതിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നേ എന്താണ് അറിവാണ് അറിവെന്താണ് ആത്മാവ് അത് അനാദിയായിട്ടുണ്ട് സംസാരവും അനാദിയായിട്ടുണ്ട് ഇതുവരെ സംസാരത്തിന് ഈ ആത്മാവൊന്നും ചെയ്തില്ല പിന്നെ നിങ്ങൾ അദ്വൈതികൾ വന്നിട്ട് ഇനി എന്ത് ചെയ്യാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന ഇവർ പറയുന്ന ഒന്നും ഗുണത്തിനില്ല അപ്പൊ എന്തുകൊണ്ട് ഇത് രണ്ടും കൂടുതൽ വിരോധമുണ്ട് വിരോധമുണ്ടെങ്കിലേ നിവർത്തിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടാണ് വെളിച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇരുട്ട് പോവും ഇവിടെ സംസാരം അനാദിയായിട്ടുണ്ട് ആത്മാവാകുന്ന ജ്ഞാനമുണ്ട് രണ്ടും അനാദിയായിട്ട് രണ്ടും തുടരുമ്പോൾ ഒന്നുകൊണ്ട് ആ ആത്മജ്ഞാനം കൊണ്ട് ഈ സംസാരം ഇല്ലാതാവും ഇല്ലാന്നാണ് പൂർവക്ഷയം അനാദിഹി എന്ന് വെച്ചാൽ സംസാരം സായം സച്ചേതായം അനാദി എന്ന് പറഞ്ഞാൽ ഇത് അനാദിയാണെങ്കിൽ ഏത് സംസാരം അതാണല്ലോ അനാദിന ആത്മയാഥാത്മ്യാനേന അനാദിയായ ആത്മ യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപമാണ് ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം എന്ന് സഹ അനുവർത്തതെ ഒരുമിച്ച് അനാദികാലമായി അനുവർത്തിക്കുന്നുമില്ല രണ്ടും ഒരുമിച്ചിരിക്കുന്നു ഇതുവരെയും കുത്തഹാസ്യ നിവൃത്തി പിന്നെ എങ്ങനെയാണ് കുത്തഹാസ്യ എന്ന് പറഞ്ഞാൽ സംസാര നിവൃത്തി സംസാരം അങ്ങനെ നിവർത്തിക്കും ഇല്ല എന്തുകൊണ്ടാ വിരോധ രണ്ട് നമ്മുടെ വിരോധമൊന്നുമില്ല അപ്പോ ഇവിടെ അദ്വൈതി പറയുക നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ പറയുന്ന എന്താണ് ആത്മാവും സംസാരവും അനാദിയാണ് രണ്ടും നിവർത്തിക്കുന്നത് രണ്ടും ഒരുമിച്ചിരിക്കുന്നു അനാദിയായിട്ട് ആത്മാവ് യഥാർത്ഥമായ അറിവാണോക്കെ ശരിയല്ല അതുകൊണ്ട് സംസാരം നിവർത്തിക്കുന്നില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അദ്വൈതി പറയും അതങ്ങനെയല്ല ആത്മാവ് അറിവാണോ അത് അനാദിയായിട്ടുണ്ട് സംസാരമുണ്ട് പക്ഷെ ഈ സംസാരം നിവർത്തിക്കണമെങ്കിൽ ആ ആത്മാവിന്റെ അറിവേ ആത്മാവായ അറിവ് പോരാ എന്താണ് ആത്മാവിന്റെ അറിവ് ആത്മ ഞാനം എന്ന് പറയുന്നതാണ് ആത്മാവിന്റെ അറിവുണ്ട് ആത്മാവിനെ ഒരാൾ അറിഞ്ഞാൽ സംസാരം നിവർത്തിക്കുക അതുകൊണ്ട് ഞാൻ ഈ പറയും നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ പറയണം ആര് പറയുന്നു അതിന് സമാനം പറയാണ് ആ പൂർവക്ഷം ഇവിടെ പറയുന്നില്ല നമ്മൾ മനസ്സിൽ കണ്ടുപോകണം പല ചോദ്യങ്ങളും നമ്മൾ മനസ്സിൽ കണ്ടോണം അതിന് സമാനം പറയുന്നു കുതശ്ച ആത്മയാഥാത്മ്യ അനനുഭവം യഥാർത്ഥമായ ജ്ഞാനം ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും കുത്താ സിദ്ധാന്തി ചോദ്യം ചെയ്യുകയാണ് സിദ്ധാന്തിങ്ങനെ ചോദ്യം ചോദിക്കും ആത്മാവുള്ള ആത്മാവിന്റെ ഞാനില്ല അതിനെ ചോദ്യം ചെയ്യണം അതെങ്ങനെ പറയാൻ പറ്റും കുത്തഹം വെച്ച കസ്മാവും എന്ത് കാരണം നിങ്ങൾ പറയുന്നു ആത്മാവിന്റെ യഥാർത്ഥമായ അനുഭവം ഇല്ല അതെങ്ങനെ പറയാൻ പറ്റും പൂർവോക്ഷി ചോദിക്കും എന്തുകൊണ്ട് പൂർവക്ഷി ആത്മാവിന്റെ യഥാർത്ഥ ഉണ്ട് ഇപ്പോഴുണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ആത്മാവ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആത്മാവിന്റെ അനുഭവം ഉണ്ടാർക്ക് എല്ലാവർക്കും ഉണ്ടതങ്ങനെ അതാണ് അടുത്ത് പറയും അഹമിതി അനുഭവ അന്യ ആത്മ യാഥാത്മജ്ഞാന വസ്തു എല്ലാവർക്കും അഹമെന്നുള്ള അനുഭവം ഉണ്ടല്ലോ ഇതെല്ലത്തിന്റെ അനുഭവം എന്നാണ് പറഞ്ഞു ഇതുവരെ ആത്മാവിന്റെ അപ്പം ഇത് കള്ളമാണ് ഈ പറഞ്ഞ അഹോന്നുള്ള അനുഭവം എന്ന് പറയുന്നത് കള്ളമാണോ പറഞ്ഞു അപ്പൊ സത്യമാണല്ലോ അത് പിന്നെ അഭവെന്ന് പറയുന്നതാണ് ആത്മാവിന്റെ യഥാർത്ഥമായ ഈ അനുഭവം കൊണ്ട് എന്തുകൊണ്ട് സംസാരം എന്ന് വർദ്ധിച്ചില്ല എന്നാണ് എല്ലാവർക്കും ആത്മാ അനുഭവമുണ്ട് ആ അനുഭവത്തിൽ ആ അനുഭവമാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇത് അസത്യം എന്ന് പറയാൻ പറ്റും ഇത് അസത്യമാണെങ്കിൽ പിന്നെ ആത്മാവ് എന്ന് പറയുന്നത് ഭ്രാന്തി എന്ന് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അനുഭവം സത്യമാണെന്ന് അംഗീകരിച്ചാതെ ഈ അനുഭവത്തിന്റെ ആശ്രയമായി ആത്മാവുണ്ടെന്ന് പറയാൻ സർപ്പം പോലെ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞാൽ സർപ്പം പോലെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ സർപ്പമില്ല അതുപോലെ അനുഭവം സത്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആത്മാവില്ല സത്യമായി അങ്ങേ അഹം എന്നുള്ള ഈ ആത്മാനുഭവങ്ങളുണ്ട് എന്നൊരു സംസാരം പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പൂർവോക്ഷി പറയു സിദ്ധാന്തി ഞാൻ അഹമിത്തി അനുഭവാധന്യ അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ നിന്ന് വേറിട്ട് ആത്മയാഥാത്മ്യാനം അസ്തി ആത്മാവിന്റെ യഥാർത്ഥം ഞാൻ അങ്ങനൊന്നില്ല ഇത് തന്നെ ആത്മാവിന്റെ യഥാർത്ഥം ഞാൻ വരുന്നു എന്നുവെച്ചാൽ അഹമിതി സർവജനീനമാണ് സ്ഫുടതര അനുഭവ മർത്ഥിത ആത്മാ ദേഹേന്ദ്രിയാതി വ്യതിരിക്ത ശക്യ ഉപനിഷത സഹസ്രീരവി അന്യഥയിതും അനുഭവവിരോധ ഇവിടെ സിദ്ധാന്തിയുടെ ഒരു പൂർവക്ഷത്തെ കൊണ്ട് പൂർവക്ഷത്തെ കണ്ടുകൊണ്ട് പറയണം സിദ്ധാന്തി പറയും ഈ അഹം എന്ന് എന്താണ് ശരിയായ ആത്മാവിന്റെ അനുഭവം ഇതിന്റെ ശരിയായ ആത്മാവിന്റെ അനുഭവം എന്നാണ് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാനും വേണം ഇതല്ല അഹം എന്ന് പറയുന്ന അനുഭവമല്ല ശരിയായ ആത്മാനുഭവം ശരിയായ ആത്മാനുഭവം അഹം ബ്രഹ്മാസ്മി എന്ന് സിദ്ധാന്തം പറയാം കുറവ് അതങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകാതെ ശ്രുതിയിൽ നിന്ന് വേദത്തിൽ നിന്ന് ഉപനിഷത്തിൽ നിന്ന് ഉപനിഷത്തിൽ നിന്നും അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടാലേ സംസാരം നിവർത്തിക്കുന്ന ആര് പറയും ആ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചെന്ന് വേണ്ട മനസ്സിലായി അതൊക്കെ ഇതിനകത്തുണ്ട് ബാക്കി നമ്മൾ കൂട്ടിച്ചേർത്താണ് മനസ്സിലാക്കാൻ അതിനു മറുപടി പറയുകയാണ് ഊർവക്ഷി അഹമിതി അഹമെന്നുള്ള സർവജനീന സർവ ജനസംബന്ധിയാണ് സർവജനീയം വെച്ച സർവജനസംബന്ധം സർവജന ഖന് ഖഞ്ഞിച്ച ഖന് പ്രത്യേകം വരുന്നതാണ് ഖഞ്ഞു സർവജനീന്ന് വെച്ചാൽ സർവജന സംബന്ധിയായി എല്ലാവർക്കും കൊണ്ട് ലഹമെന്നുള്ള അനുഭവം അതെങ്ങനെ സ്ഫുട അനുഭവം വളരെ സ്ഫുടമാണ് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ സമർത്ഥിതമാണ് ആത്മാ സിദ്ധമാകുന്നതാണ് എന്ത് ആത്മാവെല്ലാവർക്കും കൊണ്ട് മാർഗ്ര വ്യത്യാസവും അങ്ങനെയുള്ള ആത്മാർവ് ദേഹേന്ദ്രിയാതി വ്യതിരിക്ത അതെന്താണ് ശരീരേന്ദ്രിയങ്ങളിൽ നിന്നും വ്യതിരിക്തമാണ് അതിനെ ഉപനിഷതാം സഹസ്രീരവി അന്യഥ ഇതും എന്താണ് നശക്യതായി നിങ്ങളുടെ ആയിരോപനിഷത്തുകൾ വിചാരിച്ചാലും അതിനെ അന്യഥൈതും മറ്റൊരു പ്രകാരത്തിലാക്കാൻ സാധിക്കില്ല മറ്റൊരു പ്രകാരം എന്ന് പറഞ്ഞു ഞങ്ങൾ എന്താ പറയുന്നത് ബ്രഹ്മാസ്മി അത് ഉപനിഷത്ത് പറയുന്നതാണ് അത് ശരിയല്ല എന്തുകൊണ്ട് അഹമെന്ന് പറയുന്നു വളരെ സ്പഷ്ടമായി എല്ലാവർക്കും അനുഭവിക്കാമെന്നുള്ള കാര്യമാണ് ആത്മാവിനെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഉപനിഷത്ത് പറയുന്ന അഹം ബ്രഹ്മാസ്മി ഇത് നമ്മുടെ വ്യക്തമായ അനുഭവത്തെ തടയിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായോ അതുകൊണ്ട് എന്താണ് ഉപനിഷം സഹസ്രയിലവി ആയിരം ഉന്നരത്ത് വിചാരിച്ചാലും അന്യഥൈത്വം നമ്മുടെ ഈ വ്യക്തമായ അനുഭവത്തെ മറ്റൊരു രീതിയിലാക്കാൻ നശക്കിയ സാധ്യമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സാധ്യമല്ല പറയുന്നു അനുഭവ വിരോധ നിങ്ങളീ പറയുന്ന അഹം പരമാത്മി ആർക്കും അനുഭവം ഞങ്ങളീ പറയുന്ന അഹം എന്ന് പറയുന്നതോ എന്താ അപ്പൊ അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം വേദത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനങ്ങൾ പോയി തെറ്റാണ് അതൊന്നുകൂടി പറയുന്ന എന്താണ് സഹസ്രമൊഴി ഘടം പടയിത് മീശത ആയിരം ആഗമങ്ങൾ വേദം ചേർന്നു കഴിഞ്ഞാലും ശരി വേദശാസ്ത്രങ്ങൾ ചേർന്നാലും ശരി നമ്മുടെ മുമ്പില് പ്രത്യക്ഷമായി ഒരു കുടം ഇരിക്കുന്നു ഒരു പാത്രം അത് പടം വസ്ത്രമാണെന്ന് പറയാൻ പറ്റും അതായത് നമുക്ക് പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ വേദത്തിന് മാറ്റാൻ പറ്റില്ല അത് മാറ്റാൻ വേദത്തിന് പറ്റത്തില്ല അതുപോലെ ആത്മാവ് പ്രത്യക്ഷ സിദ്ധമാണ് അതിനെ ബ്രഹ്മാസ്മി എന്ന് പറയാൻ വേദത്തിന് കിട്ടും അപ്പൊ അനുഭവത്തിന് വിരോധമായ ഒരു കാര്യം വേദം പറഞ്ഞാലും സ്വീകരിക്കില്ല മനസ്സിലായോ വേദത്തെ പറഞ്ഞാലും വേദം പറഞ്ഞാലും സ്വീകരിക്കില്ല അതാണ് ആ പൂർവക്ഷി പറയുന്നു അദ്വീതിയുണ്ട് ഇത്രയും തന്നെയാണ് വേറെ ആർക്കും പറയാൻ പറ്റും പൂർവക്ഷിക്ക് തന്നെ പറയാൻ പറ്റും പറയുന്ന യാഗമാഹസഹസ്രമം ആയിരം വേദം വന്നാൽ ശരി കടം പടയിതം പടം കരോതി പടയിൽ പടമാക്കുക തത് കരോതി താജഷ്ടെ പഠിച്ചിട്ടുള്ളതാണ് എണിച്ച് പ്രത്യേകം ിച്ച പടമാക്കുക പടം നാമമാണ് അതൊന്ന് പ്രിയ രൂപം ഉണ്ടാക്കിയാണ് പ്രാതിപതിക താത്വത്തെ ബഹുളം ഇഷ്ടവച്ച അതൊക്കെ പഠിച്ചാണ് അപ്പോ കടത്തെ പടമാക്കുക എന്നുവെച്ചാൽ ആൾക്കാരെ വിളിയാക്കുകയാണ് നമ്മൾ പ്രത്യക്ഷമായി ഇവിടെ മൺപാത്രം ഇരിക്കുന്നു ഓരോ മൺപാത്രത്തിൽ ഒരു തുണിയാണ് നടക്കുന്ന കാര്യം അതുകൊണ്ട് പടയിതും ഇതാക്കുന്നതിന് തുമിൻ പടമാക്കുന്നതിന് പടയതി എന്ന് വെച്ചാൽ പടമാക്കും പടയിതം എന്ന് പറഞ്ഞ പടം ആക്കുന്നതിന് തുമിൻ നിളവ് ക്രിയായ ക്രിയാർത്ഥായുന്നതിന് എന്നുള്ള അർത്ഥം ഘടത്തെ പടമാക്കുന്നതിന് ഈശത അശക്ത അശക്തനാണ് അശക്തമാണ് ഈഷ്ഠേ ഈശാദേശദേശൈശ്വര്യം എന്ന് പറയുന്നത് ഇതൊന്നാണ് ഈശ്വരൻ എന്താ ഈശാസേശ വരച്ച് പ്രത്യേകപ്പെടുന്നത് ഈശ്വരൻ പിന്നെ ഹ്യാഗമാഹ സഹസ്രമാവി ആയിരം ആഗമങ്ങൾ വിചാരിച്ചാലും കുടത്തെ വസ്ത്രമാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ അഹം എന്ന് എല്ലാവരും പറയുന്ന ആത്മാവിനെ ബ്രഹ്മമാക്കുന്നതിന് ആരും വിചാരിച്ച് സാധിക്കില്ല അത് അനുഭവത്തില്ലാത്ത കാര്യമാണെന്ന് നിർത്തും തസ്മാ അതുകൊണ്ട് അനുഭവവിരോധ നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അഹം ബ്രഹ്മാസ്മി അത്യാസം ഇതൊക്കെ അനുഭവ വിരോധമാണ് അനുഭവം എന്നിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ ഉപചരിതാർത്ഥ ഈ ഉപനിഷം പിന്നെ ഉപനിഷത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതോ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞു ഗൂണമായ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് അന്ന് മുഖ്യമായ അർത്ഥത്തിൽ എടുക്കരുത് അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ബ്രഹ്മ എന്ന് പറയുന്നുണ്ട് വലിയ ദേവനുണ്ട് അഹം അതുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അർത്ഥം കൊടുക്കണം മുഖ്യർത്ഥം കൊടുക്കരുത് ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പൂർവ്വപക്ഷം പറയുന്നു അവിടെ നിന്ന് മുഖ്യാർത്ഥം നൂണമായ അർത്ഥത്തെ എടുക്കണം പല അർത്ഥം പറയാം അർത്ഥവാദപരമായിട്ട് പറയണം പല രീതിയിലും എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല അനുഭവത്തിന് വിരോധമായതുകൊണ്ട് ഉപചരിത അർത്ഥായോ ഉപനിഷത്തുക്ത വീണ്ടും പറയും ഈ കാര്യങ്ങളെ ഞാൻ ഇത്ര ഈ പറഞ്ഞ ഇനി വളരെ യുക്തിയുക്തമായി ഞാൻ കാണിച്ചു യുക്തി ഉപയോഗിച്ച് പറഞ്ഞു തരാം ഈ വേദം പറയുന്ന പൊട്ടത്തരമാണ് ആത്മാവെന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ഇത് തന്നെയാണ് പകംബരമാസ ഒന്ന് ശരിയല്ല അവിടെ അധ്യാസമില്ല ഇതൊക്കെ ഞാൻ തെളിയിച്ചു തരാം ഇത് ആശയവാണ് എന്നുള്ള ആശയമുള്ളവൻ ആശങ്കിച്ചിട്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന എന്താണ് ഇതൊക്കെ പൂർവോഷിയുടെ സംശയങ്ങളാണ് അയാളയാളുടെ സംശയങ്ങളെ പറയാം എന്ന് വെച്ചാൽ പൂർവക്ഷി എന്ന് പറയുന്ന കാര്യം തന്നെയുണ്ട് സിദ്ധാന്തി എന്ത് ഒരാൾ എന്നെ രണ്ട് റോൾ ഡബിൾ റോൾ മനസ്സിലായോ ആ കസേരി പോയിരുന്നു ചീത്ത ഉള്ളി ഈ കസേറ്റ് വന്നിരുന്നിട്ട് സഭാനം പറയും ഇത്രയും പോർവക്ഷങ്ങളെ കൊണ്ടുവന്ന എന്തിനാ സ്തൂൺ ആഘനൻ ന്യായം എന്ന് പറയും നമ്മൾ പഴയകാലത്ത് പശുവിനെ കെട്ടാൻ നേരത്തെന്തെയും ഒരു തൂണെടുത്ത് അറിയാൻ ഇങ്ങനെ കൊത്തും എന്നിട്ടൊന്ന് കുതിക്കുറച്ചു കുറച്ചില്ലെങ്കിൽ ഊരിയെടുത്തിട്ട് എന്ത് ചെയ്യും അവിടെ തന്നെ കുറച്ചുകൂടെ ശക്തമായി കൊത്തും അങ്ങനെ പല പല കുത്തി അവസാനം പിടിച്ചു പോകുമ്പോൾ കിളകുന്നില്ലെങ്കിൽ അപ്പൊ പശുവിനെ കിട്ടും അതിനാണ് സ്തൂണ ആഘനം തന്നെയാണ് സ്തൂണമെന്ന് വെച്ചാൽ കുത്തി ആഘനം എന്ന് വെച്ചാൽ പിടിച്ചുറപ്പിക്കും ആ യുക്തി അനുസരിച്ച് സിദ്ധാന്തി തന്നെ പൂർവക്ഷിയുടെ റോഡിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് അവസാന ഇവിടെ കൊണ്ടെത്തിക്കാം ബ്രഹ്മാസ്മി കൊണ്ടെത്തിക്കാനുള്ള കൂടിയാണ് ആശങ്ക പരിഹരതി അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് യൂഷ്മസും പ്രത്യേക ഗോചരയുഹോ വിഷയവിഷണോ തമപ്രകാശം വിരുദ്ധ സ്വഭാവയുഹോ ഇതരേതരഭാവനുഭവ സിദ്ധായാം തദ്ധർമാണമി സുതരാം ഇതരേതരഭാവ അനുപത്തി ഇപ്പൊ ഭാഷികാരൻ ഇത്രയും പറയുമ്പോൾ ഈ ഒരു വരി എഴുതി ഈ ഭാമതീകാരം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് മനസ്സിലായി വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണോ ഇത്രയും കാര്യങ്ങളോടെ പറഞ്ഞാലേ ഈ പറയുന്ന കാര്യം വ്യക്തമാവുന്നു ഇത്രയും പറയാതെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഭാഷികാരൻ ഇത്രയും പറഞ്ഞപ്പോ ഈ പാവധികാരം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഭാഷികാരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതാണ് വ്യാഖ്യാനം മനസ്സിലിരുന്ന കാര്യങ്ങളൂടെ കണ്ടുപിടിച്ച് പറയുന്നതിനാണെന്ന് പറയുന്നത് ഞാൻ ഇത്രയും വിശദീകരിച്ചു വാചസ്പതി മിശ്രം വാചസ്പതി മിശ്രം